നിങ്ങൾ അവരെ വിശ്വസിക്കണമെന്നും അവർ സ്വന്തം ജനതയെ വിശ്വസിക്കണമെന്നും ആഗ്രഹിക്കുന്ന മറ്റു ചിലരെയും നിങ്ങൾക്ക് കാണാം അവർ ഓരോ തവണ കുഴപ്പങ്ങളിലേക്ക് തിരിച്ചെത്തപ്പെടുമ്പോഴും അതിലേക്കു തന്നെ അവർ വീണുപോകുന്നു അതിനാൽ അവർ നിങ്ങളെ വിട്ടു നിങ്ങൾക്ക് സമാധാനം നൽകാതെയും തങ്ങളുടെ കൈകൾ തടയാതെയുമിരുന്നാൽ അവരെ നിങ്ങൾ പിടികൂടുകയും എവിടെ കണ്ടെത്തിയാലും കൊല്ലുകയും ചെയ്യുക വ്യക്തമായ അധികാരം നാം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു